അള്ളാഹുസുബഹാനുഹു വായാലായുടെ മാർഗ്ഗത്തിൽ നിന്ന് മറ്റുള്ളവരെ വഴിപിഴപ്പിക്കാൻ അവൻ അഹങ്കാരത്തോടെ മുഖം തിരിക്കുന്നു ഇഹലോകത്ത് അവൻ അപമാനമുണ്ട് പുനരുത്ഥാന നാം അവന് ദഹിക്കുന്ന അഗ്നിയുടെ ശിക്ഷാസ്വാദനം നൽകും